അവരുടെ ഗൂഢാലോചനയെക്കുറിച്ചറിഞ്ഞപ്പോൾ അവൾ അവരെ ക്ഷണിച്ചു അവർക്കായി അവൾ വിരുന്നൊരുക്കി അവരിൽ ഓരോരുത്തർക്കും ഓരോ കത്തി നൽകി എന്നിട്ട് അവളോട് പറഞ്ഞു നീ അവരുടെ മുന്നിലേക്ക് വരിക അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി തങ്ങളുടെ കൈകൾ മുറിച്ചു അവർ പറഞ്ഞു അള്ളാഹുസുബാനഹുവ തായ എത്ര പരിശുദ്ധൻ ഇതൊരു മനുഷ്യനല്ല തീർച്ചയായും ഇതൊരു മാന്യനായ മലക്കാണ്